ൂറ മറിയം അളവറ്റ അരുളാളനും നിക അൻപടയോനുമാകിയ അല്ലാഹുവരായി ഇത് ഉമ്മു തൻ അടിയാറാക്കിയ ജഗരിയാരുളിയ റഹ്മെ പറ്റിയതാകും അവർ തൻറം കാൾദ്രലിൽ പ്രാർത്ഥിച്ച പോ ഇവർമത്തെ അരുളിനാണ് അവർ കൂടിയും എലുംബുകൾ ബലഹീനമെന്ന് വിട്ടും വെണ്മയായി ഇലങ്ങുക പ്രാർത്ഥനയിൽ വാക്യം ഇല്ലാതനാ പോയി വിടവില്ല ഇന്നും പിന്ന ഉറവിനക്കാൻ നിശ്ചയമാഞ്ചുകേലും മനവിയോ മലടിയാകൾ ആകെ നീ ഉൻ പുറത്തിലിരുന്ന് ഒരു വാരിസൈ കൊടയായി അളിപ്പായാ അവർക്ക് വാരിസാൻ കൂടെ വാരിസാ ഉനക്ക് പൊരുത്തമാണോ ഇവക്കി വെപ്പായ നാം ഒരു ഉമുക്ക് കൊടുപ്പതു കൊണ്ട് ഉമുക്ക് നന്മാറായം കൂടുകോ അവരുടെ അവർ ഇവറേ നാം ആക്കില്ല ഇൻ ഇറവേ മലടിയാകും മുത്മയൻ തള്ളാത പരുവത്തെ നാം അടൈതും ഇരു നിലയിൽ എവ്വാതൽവൻ ഉണ്ടാകുമ്പോൾ അത് അവറേ നടിയു കൂടുക ഇത് എനിക്ക് മികവും സുലഭമായതേ മുന്നർ നീർ ഒരു ഇല്ലാതിരുന്ന കാലത്ത് നാനേ ഉടൻ കൂടിയേ എനിക്ക് ഓർ അത്താക്ഷുവായ സൗഖ്യത്തുടൻ നിലയിലേ മൂന്ന് ഇരവ് പകലുകൾ മക്കളുടൻ പേശമി അത് ഉമക്ക് അത്താക്ഷിയാകും ആകെ അവർ തൊഴും ഇടം ഇട്ട് വെളിയേം സമൂഹത്താവാൻ പിന്നെ അവർ മുടാ നിലയിൽ സൈക്കിണയായി മാളയിലും അല്ലാഹ് തുതി ചെയ്യു പിന്നിയാവേ ഇവേദത്തെ ബലമാ പറ്റി പിടിച്ച് കൊള്ളും ഇന്നും അവർ കുഴയപോതേ അവർക്ക് നാം ഞാനത്തെ അളിത്തോളം അഞ്ചെയും നാം നമ്മുടെ ഇറക്കത്തെയും പരിശുദ്ധത്തെയും അവർക്ക് കൊടുത്തോ ഇന്നും അവർ മികവും ഭയപക്തി ഉടയവരായി നന്ദി അവർ പെരുമയടിപ്പവരവോ അല്ലാഹുക്ക് മാറവരായിവോ ഇരുക്കില്ല ആകെ അവർ പിറന്ന അവർ ഇറക്കും നാളിലും അവർ ഉയർവെട്ടി എഴും നാളിലും സലാം ിലെത്തിരു നബിയേ ഇവേദത്തിൽ മറയും നിലവീരാണ് അവർ തം കുടുംബത്തിനെ വിട്ടും നീങ്ങി കിഴക്ക് പക്കമുള്ള ഇടത്തിൽ തമ്മിൽ അവൾക്കാ ഒരു തരയെ അമത്ത് കൊണ്ടാണ് അപ്പോൾ നാം അവരിടത്തിൽ നം രൂഹ ജിബ്രീലേ അനപ്പി വെച്ചോ മറയമുക്ക് അവർ സരിയ മനുതരകേ തോറ്റം അ അപ്പൊ അവരെ കണ്ടതും വിട്ടും കേന്ദ്ര ഉടയവരായി ഉമ്മടിയൻ തൂതൻ പരിശുദ്ധമാണ് ഉമക്ക് അളിക്കപ്പെടുവർ എന്നും നച്ചെയ്ക്ക വന്നുള്ളേനു അവർ മറിയം എന്ത ആളവനും എന്നെ തീണ്ടാമും നാം നടത്തെ പിസിയവളാ ഇല്ലാതിരുവാൻ ഉണ്ടാകും അവലേ അവരെ മനുതം ഇരുന്ന് ഒരു റഹ്മത്തും നാം അവരെ ആക്കുവോം ഇത് വിധിക്കപ്പെട്ട വിഷയമാകും കൂടുതലാ കൂറിഞ്ഞ അപ്പാൽ മറയം ഈശാവണ്ടേദന അവരെ ഒരു തേരിത്ത മരത്തിൻപാൽ കൊണ്ടുവന്നത് മുൻപേ നാം ഇറന്ന് മുറ്റിലും മറക്കപ്പെട്ടവളായി അലച്ചി അപ്പോൾ ജിബ്രിൽ അവർക്ക് കീഴ് മറിയമേ കടാ ഉമ്മ നിശ്ചയമാീഴാലേ ഒരു അരുത്ത് കുളുക്കും കൊയ് പക്കവമായ പഴങ്കളെ ഉം മീതു ഉതിർക്കും ആകെ അവണ്ട് ആറ്റി നീരെ പരുകി കൺ കുളിർന്ന് എഴുപ്പീരാക എന്തെങ്കിലും പാർക്ക നേരിട്ടു മെയ്യാ അർ റഹ്മാനുക്കാൻ നാ നോന് നേർന്നേ ആദലിൽ ഇന്ന എന്ത് മനുതരുടനും പേശമാട്ടേ കൂറും പിന്നെ മലയം അക്കുഴം സമൂഹത്താരിടം കൊണ്ടുവന്ന അവർ കൂറിനാ യാ മറയം നിശ്ചയമാപരീതമായ പൊരുള കൊണ്ടുവന്നേ ഹറൂന സഹോദരിയെ ഉം തന്നെ കിട്ട മനുക്കില്ല ഉം തായാരും നടത്തെ പിസകിയവരായി പഴിത്ത് കൂറിനാ ആനാൽ മറിയൻ തം കുഴഞ്ഞിടമേ കുംബി കാട്ട മടിയെടുക്കും കുഴയുടൻ എപ്പടി പേശുവോം കൂറിഞ്ഞ അച്ചമയം കുഴാ നിശ്ചയമാവനാൽ അല്ലാഹുടേ അടിയാനായി അവൻക്ക് വേദത്തെ കൊടുത്തും എന്നെ നബിയാതാക്കി ഇന്നും ും അവൻ മുാനാക്യം ഉടയുടൻമെല്ലാംയെയുംകാത്തെയും നമുക്ക് വസിയ കട്ടളയിട്ട് എൻ തായാർക്ക് നന്ദി ചെയ്യേറ പെരുക്കാരനാ എൻ ആക്കില്ല ഇന്നും നാൻ പാളിലും ും മറയിൽ നാം ഉയർപ്പെട്ട എഴും നാളിലും മീത് ശാതി നിലത്തിനാണ് ഇത്തവരം മറയമുടിയുതാണ് അവർ വീണാ തർക്കം ചെയ്യുക അത് പറ്റിയ ഉന്മയാണ് ഇതുവേ ആകും അല്ലാഹുക്ക് എന്തൊരുതൽ ഏർപ്പെടുത്തിക്കൊള്ള വേണ്ടിയതില്ലേ അവൻ തൂയവൻ അവൻ ഒരു കാര്യത്തെ തീർമാനാൽ ആകുകൂടുവാന് ഉടനേ അത് ആകിവിടുക നിശ്ചയമാ പഠിച്ച് പരിപക്വപ്പെടുത്തും റപ്പവും ഉടപ്പും ആകെയാൽ അവനെയേ നിങ്ങൾ വണങ്ങുങ്ങൾ ഇതുവേ നേരാണ് നബിയേർ കൂറും ആണാലും അവരുടേയെ ഇരുന്ന കൂട്ടത്താൽ ഇത് പറ്റി തങ്ങളുക്കുള്ള അഭിപ്രായ ഭേദം കൊണ്ടാ സത്യത്തെ നിരാകരി കൊണ്ടുപോക അവ നാളിൽ കേടുതാ അവർ നമ്മുടെ വരും നാളിൽ എവളാപ്പിനി അക്ക്രമക്കാരൻ ബഹിരംഗമാണ് വഴികേട്ടിലേ ഇരിക്കലും നബിയേ ന്യായ തീർപ്പുക്കുറിയേതായി അവർക്ക് അച്ചമൂട്ടി എച്ച എനും അവർ അതെപ്പറ്റി കവളപ്പടാ നമ്പാദവുകളും എതിർക്കുന്നവർക്കെയും വാരിസാ കൊള്ളവോ ഇന്നും നമ്മുടെ അനവരും മീക്കപ്പെടുവീ നബിയേ ഇവേദത്തിൽ ഇബ്രാഹിമെ പറ്റിയും നിലവുകൂരുവീ നിശ്ചയമാർ മിക്ക ഉണ്മയം നബിയാമെന്നും എൻ അരു തന്നയെ യാറൊന്നെയും കേന്ദ്ര ഏറ്റവും വഴങ്ങുക മെയ്യാ ഉടം വന്നിരുന്ന കൽവി ഞാനം നിശ്ചയമാനക്ക് വന്നിരിക്കുന്നത് ആകെ നിങ്ങൾ എന്നെ പിൻപറ്റുകൾ നാ ഉയാണ് നേർവഴിയും നടത്തുക അരുമേ െ വണങ്ങാദീ നിശ്ചയമാൈതാൻ അർഹ്മാനുക്ക് അരുൾ മിക്ക നായനുക്ക് മാറവൻ അരുമയേ നിശ്ചയമാൊട്ട് ഷൈതാനിൻ്റെ കൂട്ടാളിയായി വിടുവൈപ്പറ്റി നാ അഞ്ചുക അവർ യാ ഇപ്രാഹീം നീർ ദൈവങ്ങളെ പുറക്കണിക്കൈവിട്ടും വിലകൊള്ളാവിട്ടാൽ ഉമ്മ കല്ലാൽ എറിന് കൊള്ളേൻ ഇനി നീർ എന്നെ വിട്ട് നെടുങ്കാലത്തു വിലകിപ്പോയി അതൊക്കെ ഇബ്രാഹീം ഉം മീത് സലാം ഉണ്ടാവും ഉമക്കാ പിഴെ പൊറക്ക തേടുവേൻ നിശ്ചയമാൻ മീത് എപ്പോഴും കരുവയുടേവനാറു നാൻ ഉണ്ടെ വിട്ടും അല്ലാഹ് അന്റി പ്രാർത്ഥിപ്പവറ്റവിട്ടും വിലകൊളകും നാൻ റപ്പിച്ച് കൊണ്ടേ ഇരുപ്പേൻ പ്രാർത്ഥപ്പ കൊണ്ട് നാം നിർവാിയവാന് ആകമൽ പോവും ഇവർ അവട്ടും അവർ വണങ്ങിക്കൊണ്ടിരുന്ന അല്ലാ അല്ലാതവും വിലകി കൊണ്ട പോയും യാക്കൂബയും അവരുടെ നാം നനകൊയോ ഇന്നും അവർ ഒരവരെയും നബിയാ മേലും നാം അവഹ്മിന്നും നനൊടയോ സത്യത്തെയേ കൂറും ഉം നാവയും അവർക്ക് കൊടുത്തോ നബിയേ ഇവേദത്തിൽ മൂസാവ പറ്റിയും നിലവീരായി നിശ്ചയമാർ മാസില്ലാതെ അവർ റസൂലാ നബിയാൽ ഇരുന്നും നാം അവരെ തൂർ സിനി മലയൻ പലപ്പുറത്തിലിരുന്ന് കൂട്ടോ അവരെ നമ്മൾ നമ്മുടെ സഹോദരം നബിയാ അവർക്ക് നനകൊ അതിൽ ഇസ്മായി പറ്റിയും നെവ് പടുവീരാണ് നിശ്ചയമാരായി ഇന്നും അവർ തൂതരുക നബിയാൽ അവർ തം കുടുംബത്തിനായി തൊഴുകയെ കടപിടിക്കും കൊടുത്തു വരുംപടിയും മികവും വിരുപ്പും അവർ ഇരുന്നേ ഇവേദത്തിൽ പറ്റിയും നിലവീരായി നിശ്ചയമാർ സിദ്ധിക്കാൻ മിക്ക സിയാ നബിയാ നാം അവരെ ഓർ ഉയർ തല തളവിൽ ഉയർത്തിനോ ഇവർ ആറമുടയ സന്തതിയിലും നൂഹ് ഉടൻ കപ്പലിൽ നാം ഏറ്റിക്കൊണ്ടവിയും ഇബ്രാഹീം ഉടയവും ഇസ്രായേൽ യാക്കൂവൻ സന്തതിയിലും ഇന്നും നാം തേർദ്യിൽ വ വിഴുവിക സന്തതിയെ വീണാക്കി ഇഴിവാ മന ഇച്ചാൽ മറുമ്പരത്തി കേട്ട് സന്ദിപ്പ് പാവങ്ങളിൽ വിലകി ഈമൻ കൊണ്ട് സാലികളെ ചെയ്യാ അവ അത്തയ സാലികൾ ജന്നവേശിപ്പടയൻ എതിലും അവർക്ക് കുറവ് മാറ്റാൻവികളെ അഹ്മാൻ തൻ നല്ലടിയാകുളക്ക് അവർ കാണ മുതായ വാക്ക് നെവേറും സലാം സാധി എൻപതെ തവര അച്ചുവനവതീകളിൽ അവർ വീണാണ് എതയും ചെയിുറ മാറ്റി ഇന്നും അങ്ങേ അവലയിലും മാളയിലും അവർ ഉണർവ്ക്കൊർഗത്തെ നം അടിയാകളിൽ തയപക്തി ഉടയവർക്ക് നാം വാരിസാക്കി വിടുവോ മലക്ക് കൂടു കബിയേ നാം ഉണ്ടോടിയ കട്ടളയില്ലാമോ എങ്ങൾക്ക് മുൻ ഇരുപ്പതും എങ്ങനെ പിൻ ഇരുപ്പതും ും ഇടയേപ്പതും അവനുക്കേത ഉം മറപ്പവനല്ലേ വാനങ്ങൾക്കും ഭൂമിക്കും അവപ്പാർക്കാൻ ആകയാണ് അവൻ ഒരുവനെയേ വണങ്ങുവരുക അവനെ വണങ്ങുവൽ കഷ്ടങ്ങളെ ഏറ്റുടനെ പെരൽ വല്ലമയിൽ തന്മുകളിൽ അല്ലാഹുക്ക് നികരാനവനെ അറിവീരാൻ കഴിഞ്ഞ പോലും എഴുപ്പൊരു ഇല്ലാതിരുന്ന അവനെ നിശ്ചയമാ നാം മുന്നോം എന്നതായി മനുതൻ നു പാർക്ക വേണ്ടാകെ നബിയേ ഉം റപ്പിൻ മീതു സത്യമാ നാം അവ അവരുടെ ഷൈട്ടാനുകളെയും നിശ്ചയമാേർപ്പോ പിന്ന അവവുകള ആജരാക്കോ പിന്നെ നാം ഒരൂ കൂട്ടത്തിൽ മാറൽ കഠിന തീവ്രമായിരെയും നിശ്ചയമാർ വരിപ്പോ പിന്നരകത്തിൽ പുതിയ അവർ തങ്ങൾ പാവത്താൽ മുതൽ തകതിയുടേവർ യർ എന്നോം ഉൾക ഇത് ഉടൻ റബ്ബിൻ മുടി തീർമാനും അവടേറ്റോ ആനാ അനുയായം ചെയ്തവർ കളി അന് നരകത്തിൽ മുഴവുകളായി വിട്ടുവിടുവോം ഇന്നും നമ്മുടെ തെളിവാന വസനങ്ങൾ അവർ മുൻ ഓദപ്പെടും പോലും മോമിയുടെ അവരാകരിക്കും കാപ്രൾ നം ഇരു വകുപ്പാറിൽ ഇപ്പോഴും യരുടെ വീട് മേലാണെന്നും യരുടെ സഭ അഴകാൻ കണ്ടു ഇന്നും ഇവ മിക്ക അഴകാ തളവാടങ്ങളെയും തോറ്റത്തെയും പെട്ടിന് എത്തോ തലമുറകളെ ഇവർക്ക് മുൻ നാം അഴിത്തരം നബിയേർ കൂടുവീരട്ടിൽക്കാനോ അവനുക്ക് തവണ വരുവെ കാണും വരെയും അറഹൻ അവകാശം കൊടുക്കുന്ന അത്തവണ മുടിയും പോലും ഒന്ന് അവനുക്ക് വേദന കിടക്കും അല്ലെങ്കിൽ കാളം വന്ന് വിടും അപ്പോൾ എവരുടെ വീട് കെട്ടത് എവരുടെ കൂട്ടമും സഭയും ബലഹീനമാണത് എൻപതെ തട്ടി അവർ അറിഞ്ഞകൊള്ളവർ എഴിയിൽ അവർ അല്ലാതെ നേർവഴിയും സെലുത്തുക െൻ നിലെതിരക്കൂടി കരുമങ്ങൾ കൂലിയയും ഇളും തലത്തിൽ തേടിത്തരക്കൂടിയവ നമ്മുടെ വസനങ്ങളെ നിരാകരി കൊണ്ട് മറുമ്പും നാം നിശ്ചയമായ സെൽവമും പിള്ളയും കൊടുക്കപ്പെടുവോനേ അവനെ നബിയേർ പാട്ടീരാ നടക്കെ മറവാന വിഷയത്തെ അവൻ എട്ടിപ്പാട്ട് തെറിഞ്ഞൊണ്ടല്ല ഉമി ഏതേനും പെട്ടിരിക്കാനാ അപ്പം എഴുതി വരുവോ ഇന്നും നാം അവലും അധികമാക്കോ ഇന്നും തൻത്ത് അവൻ പെരുമയടി പേശിക്കൊണ്ടിരിക്കും നാം അനന്തരം കൊള്ളവോ ഇവറ്റെല്ലാം വിട്ട് അവൻ നമ്മിടത്തിൽ വരുവാണ് മുഷിക്ക് തങ്ങളുക്കുവിടം വണ്ടാടു വല്ല ഉടയവൈ അല്ലാഹു അന്തി വേറെ ദൈവങ്ങളെ എടുത്തക്കൊണ്ട് അപ്പടിയല്ല തന്നെ വണങ്ങിയതയും നിരാകരി ഇവർക്ക് വരോധമാ അവയേ മാറിവിടും കാപെ വഴികേട്ടിൽ തൂണ്ടിക്കൊണ്ടിരിക്ക നിശ്ചയമായ ഷൈക്കാനായി പാർക്കില്ല അവർ അവസരപ്പെടാൻ കണക്കെ നാം കണക്കിട്ട് കൊണ്ട് ഭയഭക്തി ഉടയവർ അർ റഹ്മാൻ ആകിയ നമ്മുടെ നക്കൂലികൾ പെരുവകു സേക്കും നാളിൽ നാം കുറ്റവാളികളെ ദാഹം കൊണ്ട വിലങ്ങൾ പോലീ നരകത്തു വരട്ടുവോ അർ റഹ്മാനം ഉടൻപടി ചെയ്തു കൊണ്ടോരെ തവര എവരും ഷഫാത്തു മഞ്ചാട്ടത്തുതന്ത്രം പെരമാട്ടു ഇന്നും തനക്ക് കുമാരനെ എടുത്തക്കൊണ്ട് അവർ കൂടു കബിയേ നിശ്ചയമാപാണ്ടൂറ്റ കൊണ്ടുവന്നീ വാനങ്ങൾ തുണ്ട് ദുണ്ടാകവും ഭൂമി കപാലം കപാലമാളക്കും മലകൾ ചിതറണ്ട് വിളവും പോകും അവഹ്മാുക്ക് ഒരു കുമാരൻ ഉണ്ടെന്ന് ഒരു കുമാരനെ എടുത്തക്കൊള്ളവു അല്ലാഹുക്ക് ഏനാൽ വാനങ്ങളിലും ഭൂമിയും ഒവും ഒരും അർ റഹ്മാനം അടിമയായി വരുമ്പറേ അന്വേലില്ല നിശ്ചയമാറേക അവല്യ കണക്കിട്ട് വയ്ക്കുന്ന അവർ ഒവർ തനിത്തനിയാ അവനടം വരുവർ നിശ്ചയമാവീൻ കൊണ്ട് നല്ല കളിയെ ശോ അവഹാൻ കുവപ്പയും നേശത്തെയും നബിയേ നാം ഇവേതായി ഉമ്മടിയ മൊഴിയിൽ അരുളി എക്കിയതല്ല ഇതെ കൊണ്ട് നീർ ഭയഭക്തി ഉടയവർക്ക് നന്മാറായം കൂടവും മുരണ്ടാകം ചെയ്യും മക്കൾക്ക് അച്ചം പൂട്ടി എച്ച ആകും അവർ എത്തണയോ തലമുറയെ നാം അഴിത്തരോ അവർ ഒരുവരെ ഏനും പാർക്കിരാ അല്ല അവലേസാന ശബ്ദത്തെ കേൾക്കുകീരാ